ഭക്ഷ്യത്തിൽ താഥപ്പന്യൂനസ് അന്വനയാത്മകതമാഞ്ചാധ്യവേകുത്തയോധർമ്മണോ മിഥ്യനിമിത് സത്യാദയഥ്യഹം ഇതേത നൈസർഗികോയലോകാര വിടെ ആദ്യം പറഞ്ഞു മിഥ്യാജ്ഞാന നിമിത്തം വ്യവഹാരം അങ്ങനെ അന്വയിക്കുന്നു മിഥ്യാജ്ഞാന നിമിത്തമായിട്ടാണ് വ്യവഹാരം അതിന് മിഥ്യാജ്ഞാനം എന്താണ് അത് അധ്യാസം എന്ന് പറഞ്ഞു അപ്പോ അധ്യാസം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു വ്യവഹാരം എന്താണെന്ന് ഭാഷയത്തിൽ പറഞ്ഞു അഹം ഇതം മമ ഇതം ഇത് നൈസർഗികവും ലോകവ്യവഹാരം ഞാൻ എൻ്റെ വ്യവഹാരം പ്രവർത്തി മിഥ്യാജ്ഞാനമാണ് അതായത് അധ്യാസമാണ് വ്യവഹാരത്തിന് കാരണം ഇനി അഭ്യാസത്തിന്റെ കാരണമാണ് പറഞ്ഞത് ഇതിരേതിര അവിവേകേന എന്ന് പറയുന്നത് ഇതിരേതിര അവിവേകം അതുകൊണ്ട് മിഥ്യാജ്ഞാനം അതുകൊണ്ട് വ്യവഹാരം അങ്ങനെയാണ് ഇതരേതരവിവേകം കൊണ്ട് മിഥ്യാജ്ഞാനം നിറഞ്ഞ അത്യാസം ആ അധ്യാസം കൊണ്ട് വ്യവഹാരമാണ് ഇതരേതരവിവേകം എന്ന് പറയുന്നത് അത് വിശദീകരിച്ചു അവിവേകമെന്ന് വെച്ചാൽ വിവേകജ്ഞാനമില്ല രണ്ട് ധർമ്മികൾ ആത്മാഅ അനാത്മാക്കൾ ഈ രണ്ട് ധർമ്മികൾ തമ്മിലും ഭേദജ്ഞാനമില്ല അവയുടെ ധർമ്മങ്ങൾ തമ്മിലും ഭേദജ്ഞാനമില്ല അതാണ് ഇതിലെതിരഭേകം അതിനാണ് ഉദാഹരണം പറഞ്ഞത് ശുക്തി രചിതത്തിൽ നിന്നുള്ള ഭേദം ശുദ്ധിയും രജതവും തമ്മിലുള്ള ഭേദം അല്ലെങ്കിൽ ശുക്തിയും രചത ഭേദജ്ഞാനം ഇല്ല അതുകൊണ്ട് ആ ശുദ്ധിയിൽ രജത താതാത്മ്യ ഭ്രമുണ്ടാകുന്നു ആണതിന് ഉദാഹരണം അവിടെ ശരിയാണ് ഒരാള് ശുക്തിയെ കണ്ടിട്ട് രജതം അറിയുമ്പോൾ അയാളവിടെ രജത്തെ അറിയുന്നുള്ളു ശുക്തിയെ അറിയുന്നില്ല അതുകൊണ്ട് രജതത്തിൽ നിന്ന് വേറെയാണ് ശുക്തി എന്നുള്ള ജ്ഞാനം അയാൾക്കില്ല ഒരു ജ്ഞാനമേ ഉള്ളൂ ആ ജ്ഞാനത്തിന് തന്നെ ഭ്രമംന്ന് പറയുന്നു അങ്ങനെ താതാന്മ്യ വിഭ്രമെന്ന് നമ്മൾ ഭേദമില്ല ശുക്തിയിൽ രജത താതാത്യം അങ്ങനെ ഇതം രജതം ഇത് രജതം എന്നുള്ള ആ ജ്ഞാനമാണ് താതാന്മ്യ ഉദാഹരണത്തിൽ ശരിയാണ് പക്ഷേ ഇവിടെ ആത്മാവ് അനാത്മാവിൻ്റെ കാര്യം പറയുമ്പോൾ അണുഭാവതിൽ പറയുന്നത് ഇഹത്ത് പരമാർത്ഥസിതാത്മനോ നിന്നേഹാദ്യസ്തിമനോ ഭേദഗ്രഹ ഉദച്ച വിഭ്രമ ഇത് ആഹ് ശുക്തിരജതം അവിടെ ശരിയാണ് ശുക്തിയിൽ നിന്ന് വേറിട്ട് രചതുമുണ്ട് പക്ഷെ ഇഹത്തോ ഇവിടെയാണെങ്കിലോ ആത്മാ അനാത്മാകളുടെ കാര്യം പറയുന്നിടത്ത് പരമാർത്ഥസിതാത്മനോ ഭിന്നം ദേഹാദി നാസ്തി പരമാർത്ഥസത്തായ ചിതാത്മാവ് പരമാർത്ഥസത്യമാണ് അതാണ് പരമാർത്ഥസിതാത്മന പരമാർത്ഥ സത്യമായ ചിതാത്മാവിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നം ഭിന്നമായി ദേഹാദിനാസ് ദേഹാദികളൊന്നും ഇല്ല കാരണം ഭ്രാന്തിയാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യെന്നാ പറയുന്നത് അപ്പൊ ബ്രഹ്മം മാത്രമാണ് സത്യം വേറെ ജഗത്തൊന്നും ഇല്ലല്ലോ അദ്ദേഹവും അതാണ് ചിതാത്മന ഭി ദേഹാദി അതിന്നായിട്ട്കളൊന്നും തന്നെയില്ല വസ്തുസത്തായിട്ട് എന്നാണ് പരമാർത്ഥ സിതാത്മന ഭി വസ്തുസേ നമുക്ക് ത്വന്ന് വെച്ചാൽ പരമാർത്ഥമായിട്ട് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി പരമാർത്ഥത്തിൽ ദേഹാദികളില്ല ഇവിടെ അങ്ങനെയായിരിക്കും കുതസ്ഥിത് ആത്മനഹ ഭേദാഗ്രഹ ആത്മാവിൽ നിന്നുള്ള ഭേദജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ദേഹത്തിന് ഏതിൽ നിന്നും ഏത് ദേഹത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് പ്രപഞ്ചത്തിൽ നിന്നാണ് ആത്മാവിന് ആയിട്ടുള്ള ഭേദം ഞാനില്ലെന്ന് പറഞ്ഞു കാരണം അങ്ങനെയൊന്നില്ലല്ലോ ഇങ്ങനെയൊന്നില്ല കാരണം എന്തുകൊണ്ട് അദ്വൈസിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം മിഥ്യാണ് അപ്പം ആ മിഥ്യയായ പ്രപഞ്ചത്തിൽ നിന്ന് ആത്മാവിൽ ഒരു ഭേദമോ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് തിരിച്ച് പ്രപഞ്ചത്തിലൊരു ഭേദമോ വരത്തില്ല എന്തുകൊണ്ട് പറഞ്ഞവും ദേഹവും എല്ലാം മിഥ്യാണ് അപ്പൊ എവിടെ നിന്നാണ് ഭേദമെന്നാണ് അതാണ് കൃതസ്ഥ ഏതിൽ നിന്ന് ഏതിൽ ഭേദം അങ്ങനെ ഒന്നില്ല അപ്പൊ ഭേദജ്ഞാനം എന്നുകൂടെ പറയേണ്ട ആവശ്യമേ വരുന്നില്ല അങ്ങനെ ഒരു ഭേദത്തിന് വസ്തുല്ല എന്നാണ് ആത്മാവുണ്ട് പക്ഷെ അനാത്മാവ് ഇല്ല രജതത്തിൽ നിന്നും ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ശുക്തിജ്ഞാനം ഉണ്ടായിന്ന് പറയാം അത് ശരിയാണ് കാരണം എന്താണോ ശുക്തി വേറെയുണ്ട് എവിടെയുണ്ട് ശുദ്ധി മുമ്പിലുണ്ട് രജതം വേറെ ഉണ്ട് എവിടെ കടയിലുണ്ട് അപ്പൊ അവിടെ രജതം കടയിലുണ്ട് ശുദ്ധി മുമ്പിലുണ്ട് രണ്ടും തമ്മിലുള്ള ഭേദമുണ്ട് ഇവിടെ എന്ന് വെച്ചാണ് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒരു പ്രപഞ്ചം ദേഹം ഇല്ല നിങ്ങൾ പറയുന്നു ഭേദംഞാനും ഇല്ലയെന്ന് എന്തിന്റെ ഭേദം ഇവിടെ ഒരു വസ്തുവല്ലേ ഉള്ളു രണ്ടെണ്ണമെങ്കിലും എന്തോ ഒരു ഭേദമുണ്ടാവും അതുകൂടെ ഭേദം ഞാനും പറയുന്നത് തന്നെ അസംബന്ധമൊന്നാണ് ചോദിക്കുന്നത് കുതശ്ചിത് ആത്മനോ ഭേദഗ്ര ആത്മാവിൽ നിന്നും ുള്ള ഭേദജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞു എന്തിന്റെ എന്തിൽ നിന്നുള്ള ഭേദജ്ഞാനം ഇല്ല ദേഹത്തിന്റെയും പ്രപഞ്ചത്തിൻ്റെയാണോ അങ്ങനെയൊന്നും ഇല്ല ഇല്ലെങ്കിൽ പിന്നെങ്ങനെ ഭേദജ്ഞാനം വരുന്നവിടെ പറഞ്ഞെന്താണ് ഭേദജ്ഞാനം വേണമെങ്കിൽ രണ്ട് വസ്തു വേണം ഒന്നു മാത്രമേ ഉള്ളൂങ്കിൽ പിന്നെ ഭേദജ്ഞാനം വരത്തില്ല ഭേദജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അധ്യാസം താതാത്മ്യ വിഭ്രമ അങ്ങനെ ഭിന്നമായൊരു വസ്തുവില്ല ഭേദജ്ഞാനവും അതുകൊണ്ടില്ല ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് താതാത്മ്യജ്ഞാനം ഉണ്ടായി നിങ്ങൾ പറയും താതാത്മ്യവിഭ്രമം ഞാൻ ദേഹമാണെന്നുള്ള താതാത്മ്യവിഭ്രമം എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ആത്മാവും ദേഹവും തമ്മിലുള്ള ഭേദജ്ഞാനും പറയുന്നു ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടൊരു ദേഹം നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് ഇല്ല പിന്നെ ഭേദജ്ഞാനം ഇല്ലാന്നിങ്ങനെ പറയാൻ പറ്റും ഭേദമേ ഇല്ലെങ്കിൽ ഭേദജ്ഞാനം ഉണ്ടോ ഇല്ല പിന്നെ വേദഞ്ഞാനം ഇല്ലാന്നിങ്ങനെ പറയപ്പെട്ടു എനിക്ക് ഒരു അഭാവത്തെ കുറിച്ച് പറയണമെങ്കിലും അതിന്റെ പ്രതിയോഗി വേണം എന്നുവെച്ചാൽ ഏതിനാണോ അഭാവം വേണം ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ താതാത്മിക ഭ്രമം ഉണ്ടാകത്തില്ല ഇതിരേതരവിവേകേന ഇതിരേതരവിവേകങ്ങളുടെ അധ്യാസം കൂടെ പറയാൻ ഹ അതിന് സമാനം പറയുന്നു ഭാഷത്തിലൊന്നു പറഞ്ഞു അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മണോഹോ മിഥ്യാജ്ഞാന നിമിത്ത അതിനൊന്നുമ്പോ പറഞ്ഞു ഇതരേതര അവിവേകേന അത്യന്ത വിയുക്തയോ ധർമ്മധർമ്മനോ ഇതരേതിരഅിയോഗ അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മികളുടെ ഇതരേതിര അഭിയോഗം കൊണ്ട് എന്താ സംഭവിക്കുന്നത് സത്യാനുഹദയം മിഥിനീകൃത്യ അങ്ങനെ അന്വേഷിക്കുന്നു അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മിണോ ഇതരേതരവിവേകേന സത്യാനുഹദം മിഥിനീകൃത്യ എന്ന അതുകഴിഞ്ഞാണ് അഭ്യാസം വരുന്നത് അപ്പൊ ഈ സത്യാനർ മിഥുനീകരണമെന്ന് പറഞ്ഞ മിഥുനീകരണമെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒന്നായി ചേരുന്നതാണ് മിഥുനീകരണം രണ്ട് വസ്തുക്കൾ ഒന്നായി ചേരും അപ്പൊ സത്യവും അനർഥവും തമ്മിലുള്ള മിഥുനീകരണം രണ്ടെണ്ണം ഒന്നായി തീരുക എന്ന് പറയുന്നത് സംഭവിക്കുന്നു അത് രണ്ടെണ്ണം ഒന്നായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇതരേതിരെ അഭിവർ എന്ന് അതാണ് സത്യവും അനുരുദവും തമ്മിൽ മിഥുനീകരണം സംഭവിക്കുന്നു അതുകൊണ്ട് ഇതരേതിര അവിയകം സംഭവിക്കുന്നു ആ ഇതുരേതിര അഭിവം കൊണ്ട് എന്ത് സംഭവിക്കുന്നു അധ്യാസം അധ്യാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു വ്യവഹാരം ഈ നാല് കാര്യങ്ങളാണ് ആദ്യം സംഭവിക്കുന്നത് എന്താണ് സത്യാനന്ദ മിഥുനീകരണം അതുകഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു ഇതിരേതര അവിവേകം അതുകഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു വ്യവഹാരം ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് അതാണ് സത്യാനന്ദ അത് പറയുന്നു ബാമതിയില് സത്യാനന്ദിഥുനീകൃത്യ വിവേക അഗ്രഹാദ് അധ്യസേരി യോജന എന്നുവെച്ചാൽ സത്യാനുധയംകൃത്യ വിവേക അഗ്രഹാദ് അധ്യസ്യ വ്യവഹാരമാണെന്ന് അന്വേഷിക്കുന്നു ആദ്യം സംഭവിക്കുന്നു വിവേക അഗ്രഹത്തിന് മുമ്പായി എന്ത് സംഭവിക്കുന്നു സത്യാനം മിഥിനീകരണം സത്യവും അനുദവും ഒന്നായി ചേരുന്നു അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു രണ്ടെണ്ണം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ വിവേക ഭേദംഞാനുണ്ടാകത്തില്ല രണ്ടും കൂടെ ഒന്നായി കഴിഞ്ഞു അപ്പൊ പാലും വെള്ളം കൂടെ കൂട്ടിച്ചേർത്തുകഴിഞ്ഞാൽ പാല് ഏതാണ് വെള്ളം ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല കൂട്ടി വയ്ക്കുമ്പം അതുപോലെ സത്യമെന്ന് പറയുന്ന ആത്മാവും ബ്രഹ്മവും അനുധവെന്ന് പറയുന്ന ഈ ദേഹ പ്രപഞ്ചവും തമ്മിലെന്തു വരുന്നു ഒന്നാകും ഒന്നായി ചേരുന്നു ഒന്നായി കഴിഞ്ഞ എന്ത് സംഭവിക്കും ഭേദജ്ഞാനം ഉണ്ടാകുന്നുണ്ട് ഭേദജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഭ്രമവും ഉണ്ടാകുന്നു ്രഹ്മുണ്ടായത് സംഭവിക്കും വ്യവഹാരം ഇതാണ് ഭാമതികാരൻ ഇതിനെ അന്വയിച്ചർത്ഥം പറയും സത്യാനൃദയം കൃത്യ വിവേകാഗ്രഹ അധ്യസ്ഥ യോജനംകൃതിയതിനെ വ്യാഖ്യാനിക്കുന്നു സത്യം ചിതാത്മാ സത്യം എന്ന് പറയുന്നത് എന്താണ് ചിതാത്മാവല്ലെങ്കിൽ ബ്രഹ്മം സത്യം എന്ന് പറയുന്നത് ചിതാത്മാവാണ് ബ്രഹ്മമാണ് അനുതം ബുദ്ധി ഇന്ദ്രിയദേഹാദി സത്യ അനൃദയും വിധിനീകൃത്യ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് അനൃതം എന്ന് പറയുന്നത് ബുദ്ധി ഇന്ദ്രിയ ദേഹാദികളാണ് അനുദം സത്യാനുദേ ധർമ്മിണി ഇതിനുണ്ട് ധർമ്മികളാണ് വെച്ചാൽ ഇതിൽ ധർമ്മങ്ങളുണ്ട് ചിതാത്മാവ് അതിനുണ്ട് ധർമ്മം ചൈതന്യം നിത്യത്വം അതൊക്കെ അതിൻ്റെ ധർമ്മങ്ങളാണ് ബുദ്ധീന്ദ്രിയദികൾ ബുദ്ധിയേന്ദ്രിയ ശരീരം ഇതിലൊക്കെയുള്ള ധർമ്മങ്ങളെന്ന് പറയുന്നത് അത് ജഡത്വം പരിണാമിത്വം നിരവധി ധർമ്മങ്ങളുണ്ട് സ്ഥൂലത്വം സൂക്ഷ്മത്വം അപ്പൊ രണ്ട് ധർമ്മികളും അതിലുള്ള ധർമ്മങ്ങൾ അതാണ് സത്യം ചിതാത്മ അന്നം ബുദ്ധി ഇന്ദ്രിയ ദേഹാദി തേ ദ്ധർമ്മിണി രണ്ട് ധർമ്മികൾ മിഥുനീകൃത്യ യുഗളീകൃത്യ മിഥുനീകരണം എന്ന് വെച്ചാൽ യുഗുളമാകുക രണ്ടെണ്ണം ഒന്നായി ചേരുന്നതിനാണ് യുഗളീകരണം എന്ന് പറയുന്നത് ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണ് രണ്ടെണ്ണം ഒന്നായി ചേർന്ന് അങ്ങനെ ഒന്നായി ചേർന്നുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ് പാലും വെള്ളവും ചേർത്ത് പിന്നെ വേൾതിച്ചേറിയാൻ കഴിയത്തില്ല അപ്പോ െതിരെ അവിവേകം വരും അത് വന്നു കഴിഞ്ഞാൽ എന്തോരും ഭ്രമം വരും വേഗമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഭ്രമം വരും ഭ്രമം വന്നുകഴിഞ്ഞാൽ എന്തായിരുന്നു വ്യവഹാരം വരുന്നു രജസർപ്പത്തിന് രജസർപ്പ്ഞാനുണ്ടാവുന്ന തോന്നുന്നതാണ് അവിടെ എന്തായിരുന്നു ഈത്ത് എന്ന് പറയുന്നതും സർപ്പം എന്ന് പറയുന്ന തമ്മിലെന്ത് വരുന്നു ഒന്നായി ചേരും അതാണ് ഇത് സർപ്പം എന്നുള്ള ഭ്രമവും ഉണ്ടാവും രണ്ടും കൂടെ ഒന്നായി ചേരുമ്പം ഇത് സർപ്പവും കൂടെ ഒന്നായി ചേരുമ്പം രണ്ടു തമ്മിലുള്ള ഭേദജ്ഞാനും ഇണ്ടാകുന്നു ഇല്ലാതെ വരുമ്പോൾ അവിടെ ഭ്രാന്തി ഉണ്ടാവുന്നുണ്ടാവും ഭ്രാന്തി ഉണ്ടായി കഴിഞ്ഞാൽ വ്യവഹാരം ഉണ്ടാവുന്നു ഇങ്ങനെ സർപ്പത്തെ പേടിച്ചോടുന്നു തുടങ്ങിയ പ്രവർത്തികളുണ്ടാവുന്നു അപ്പോ തുടങ്ങുന്നത് വിഗുളീകരണത്തിൽ നിന്നാണ് ഒന്നായി ചേരുക എന്നുള്ളത് ഇതെങ്ങനെ ഒന്നായി ചേരുമെന്നാണ് ചോദ്യം ആത്മാവും ശരീരവും ഇങ്ങനെ ഒന്നാകുക എന്ന് പറഞ്ഞ ഒന്നാകുന്നത് അത് സംഭവിക്കുന്നത് ഇത് അനാദിയാണ് ഈ സംഗതി ഇവിടെ ഇപ്പോൾ ഭ്രമമുണ്ട് ഭ്രഹ്മൊണ്ട് എന്തോ വ്യവഹാരം സംഭവിക്കുന്നു ഒരു വ്യക്തി അതുപോലെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു ഇതിലെല്ലാം പ്രളയം സംഭവിക്കുന്നു പ്രളയം സംഭവിക്കുമ്പോൾ എന്ത് വരുന്നു അല്ലെങ്കിൽ സുഷക്തി സംഭവിക്കുന്നു അവിടെ ഒന്നുമില്ല ഈ മരണം സംഭവിക്കുന്നു അവിടെ ഒന്നുമില്ല അതുകഴിഞ്ഞ് വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുമ്പോൾ പൂർവ്വ സംസ്കാരങ്ങളും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വരുമ്പോഴായാലും ശരി മരിച്ചിട്ട് വീണ്ടും ജനിക്കുമ്പോഴായാലും ശരി അത് നമുക്കൊരു നീണ്ട പ്രക്രിയ കൊണ്ട് അറിയാൻ പറ്റില്ല മരിച്ചതിന് ശേഷം സംഭവിച്ചറിയാൻ പറ്റില്ല പ്രളയമെന്ന് പറയുന്നത് ശാസ്ത്രങ്ങളിൽ പറയുകയാണ് പ്രളയം സംഭവിക്കുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞാൽ ഒരു പ്രളയം സംഭവിക്കും ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം പൂർവ്വ സംസ്കാരം കൊണ്ട് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഒരു യുഗളീകരണം ഒന്നാവുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നു അപ്പോ അങ്ങനെ സ്വീകരിക്കണെങ്കിൽ ഇതിനെ അനാദിയായി സ്വീകരിച്ചാലേ പറ്റുള്ളൂ അനാദിയായി സ്വീകരിച്ചാല് ഇത് അപ്പോ അനാദിയായി എന്ത് സംഭവിക്കുന്നു സൃഷ്ടി പ്രളയം സൃഷ്ടി പ്രളയങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കതിനെ ചിന്തിക്കാൻ പറ്റുന്ന എന്താണ് ഈ പ്രളയത്തിൽ ഈ സൃഷ്ടിയുടെ ആദ്യം കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ് ഈ സൃഷ്ടിയുടെ ആദ്യം സംഭവിക്കുന്ന എന്താണ് ഒരു യുഗലീകരണം ആ യുഗളീകരണം വന്നു കഴിഞ്ഞാൽ പിന്നെന്തു സംഭവിക്കുന്നു ഭേദജാനും ഇല്ല രണ്ടു തമ്മിൽ ചേർന്നു പോകുന്നു ഭേദജാനും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് അധ്യാസം സംഭവിക്കുന്നു അധ്യാസം എന്ന് പറയുന്ന ഇങ്ങനെ ദേഹോഹം ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം ഉണ്ടാവും ഇതാണ് അധ്യാസം നമ്മുടെ ബോധമാണ് അധ്യാസം അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു പ്രവൃത്തികൾ നടക്കുന്നു അറിവില്ഹന്ത അന്ത്യമുണ്ടായും വരും അതിനോടൊരു വാമയായും വരും എന്ന് പറയുന്ന ഇതാണ് യുപണീകരണം എന്ന് പറയുന്നത് അഹന്തയും ഇദന്തയും വരും പിന്നെയാണ് നമുക്ക് ബോധമുണ്ടാവുക നമുക്ക് ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ എന്ത് വരുന്നു അഹന്ത ഇതന്തിയും വരുന്നു ഇത് രണ്ടും ഇത് തമ്മിലുള്ള ഭേദം ഇല്ലാതെ പോകും ഭേദമില്ലാതെ പിന്നെ ബോധം ഉണ്ടാകുന്ന എങ്ങനെയാണ് ഞാൻ എന്ന് ശരീരത്തിൽ ബോധമുണ്ടാകും അപ്പോൾ അവിടെ അഹന്തയും ഇതന്തേയും ചേർന്നിട്ട് ഞാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ അവിടെ ചിതാത്മാവും ശരീരവും തമ്മിൽ ഒന്നായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു പ്രവൃത്തി ഉണ്ടാവുന്നു അപ്പോ അറിവിൽ അഹന്ത ആദ്യം ഉണ്ടായ വരും ഇതന്തയും വരും എന്ന് പറയുന്ന ആദ്യത്തെ ആ അഹന്തയും ഇതന്തി എന്ന് പറയുന്നത് നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ അത് അധ്യാസമാവും അതിനുമ്പിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന വിപുലീകരണം പറയുന്നത് കാരണം അങ്ങനെ ഒരു രണ്ട് വസ്തുക്കൾ ഉണ്ടായാലേ നമുക്കറിയാൻ പറ്റും ഈ പുസ്തകം കൂടെ ഉണ്ടായാലേ എനിക്ക് എന്ത് അറിയാൻ പറ്റും പുസ്തകത്തെ ഞാൻ അറിയണമെങ്കിൽ പുസ്തകം കൂടെയിരിക്കണം അതുപോലെ അഹന്ത എന്ന് പറയുന്ന ഒന്നിനെ ഞാൻ അറിയണമെങ്കിൽ എന്തുവേണം അഹന്ത അവിടെ ഉണ്ടായി നീ ദേഹം ദേഹത്തെ ഞാൻ അറിയണമെങ്കിൽ എന്ത് വേണം ദേഹം ഉണ്ടായി അപ്പൊ ഈ അഹന്ത എന്ന് പറയുന്ന അഹവും ഈ ദേഹവും ഒന്നായിരിക്കണം അതാണ് അറിവിലിരുന്നൊരു അഹന്ത ആദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അഹന്ത യുദന്തി ഉണ്ടാവുന്നു ഇതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന്റെ ഭേദത്തെ അറിയാൻ പറ്റില്ല ഇതെന്തുകൊണ്ടിങ്ങനെ ഉണ്ടാകുന്നു ഉണർന്നു വരുമ്പോൾ അഹന്ത യുദന്തി തമ്മിൽ യുഗുളീകരണം എന്തുകൊണ്ട് ഇത് പൂർവ ജാഗ്രത്തിൽ അത് സംഭവിച്ചിരുന്നതാണ് കഴിഞ്ഞ ജാഗ്രത്തിൽ ഈ അഹന്തയും ഇതന്തേയും ചേർന്ന അഹമെന്നുള്ള അനുഭവം അവിടെ ഇതൊന്നും പ്രത്യേകിച്ച് അറിയില്ല നേരത്തെ പറഞ്ഞ വസ്തുസത്താണ് പക്ഷെ അങ്ങനെ ഒന്നുണ്ട് നമ്മൾ ഇതൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ടവിടെ അതുകൊണ്ടാണ് ദേഹമെന്നുള്ള അനുഭവം ഉണ്ടാവുന്നത് അപ്പോൾ പൂർവ്വ ജാഗ്ര ഈ കഴിഞ്ഞ ജാഗ്രത്തിൽ നമുക്കെന്ത് വരുന്നു അഹമിതം രണ്ടും കൂടെ ചേരുന്നും നമുക്ക് അഹമെന്നുള്ള അനുഭവമാണ് ഈ രണ്ടും കൂടെ ചേരുന്നതുമാണ് ആ യുഗലീകരണം സംഭവിച്ചുകൊണ്ടുതാണ് നമുക്ക് അഹമെന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് നമുക്ക് അഹമിതം എന്ന അനുഭവം ഉണ്ടാകത്തില്ല പിന്നെ എങ്ങനെയാണ് അനുഭവം അഹം അദ്ദേഹത്തിന് ഞാൻ ഇപ്പം ഞാൻ എന്നുള്ള ഈ അനുഭവം ഉണ്ടാകുന്നത് അതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു അഹം ഇതം രണ്ടെണ്ണം ചേർന്ന് കഴിഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് ഒന്നുമുള്ള ജാഗ്രത്തിലും ഇതെങ്ങനെ ഇരുന്നത് ചേരുന്നായിരുന്നു അത് ചേരുന്നോണ്ടാണ് നമുക്ക് വളർന്നു ഒരു അഹം ഇതം എന്നറിയാൻ പറ്റാത്തത് പിന്നെ നമ്മളറിയും ഇത് എന്നറിയും പ്രത്യേകിച്ച് ഭ്രഹ്മുണ്ടാകുമ്പോ ഞാനെന്നുള്ള ഭ്രമം ഉണ്ടാകുമ്പോൾ ഞാൻ ഇത് എന്നൊക്കെ വേറൊരു തിരിച്ചറിയും പക്ഷെ ആ ഭ്രമത്തിന് മുമ്പ് അതെ നമുക്കറിയാൻ പറ്റില്ല അവിടെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് യുഗളീകരണം ഒന്നായി ചേരുക എന്ന് പറയും അതിന് കാരണമെന്താണ് സംസ്കാരം ആ സംസ്കാരം എവിടെ നിന്നുണ്ടായി പൂർവ്വജാഗ്രത ഇതാണ് നമ്മുടെ ഞാൻ ഈ അനുഭവവും അതിനെ വരുന്ന പ്രവൃത്തികൾക്കും അദ്വൈതി കൊടുക്കുന്ന വിശദീകരണയിലാണ് അദ്വൈതികളുടെ വ്യാഖ്യാനമാണ് അദ്വൈതികൾ ഇതിനെങ്ങനെ പറയുന്നത് അതാണ് അവിടെ പറഞ്ഞത് അറിവില്ലെന്ന് ഇത് എവിടെയാണ് സംഭവിക്കുന്നു അറിവിൽ നിന്ന് ഇതിനൊക്കെ അറിവില്ലെന്നു വെച്ചാൽ അറിവിൽ നിന്നെന്ന് വെച്ചാൽ അറിവാണല്ലോ ആധാരം കാരണം അഹം ഇത് വന്നുള്ള ഒരു ബോധമില്ലാതെ എവിടെയിരുന്നു സുഷൃത്തിയിൽ അവിടെ അഹമെന്നോ ഇതമെന്നുള്ള ഒരു ബോധം ഉണ്ടായി അറിവില്ലിരുന്നു സുഷൃതിയിൽ എങ്ങനെയിരുന്നു അറിവ് അഹമെന്നോ ഇതോന്നുള്ള ബോധം അറിവായിട്ടിരുന്നു പക്ഷേ പൂർവ്വ സംസ്കാരങ്ങളുണ്ട് ഉണർന്നപ്പോ എന്ത് ചെയ്തു അഹത്തിന്റെയും ഇതത്തിന്റെയും സംസ്കാരങ്ങളുള്ളത് കൊണ്ട് അഹം ഇതം കൂടിച്ചേർന്നു അപ്പൊ ആത്മാവ് അനാത്മാവ് എന്നുള്ള ഭേദം ഞാനും ഇല്ലാതെ പോയി വിവേകം നഷ്ടപ്പെട്ടു അജ്ഞാനിയായിട്ട് ഉണരുന്നു എന്ന് പറയുന്ന വിവേകം നഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്യുന്നു ഉണരുന്നു ആ ഉണർച്ചയാണ് നമ്മൾ അഹമെന്നുള്ള ബോധമായി വരുന്നു ബോധത്തെയാണ് ഉണർന്നു പറയുന്നത് അപ്പൊ ഞാനെന്നുള്ള ബോധത്തോടു കൂടി വന്നു ആ ബോധം വന്നുകഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് വിവേകാഗ്രഹാദ് അദ്യശീതി യോജന സത്യം ചിതാത്മാ അനന്ത ബുദ്ധി ഇന്ദ്രിയദേഹാദി തേദ്വേധർമ്മിത് രണ്ടാണ് ധർമ്മികൾ മിഥുനീകൃത്യ ഈ രണ്ട് ധർമ്മികളും എന്ത് ചെയ്യുന്നു ഒന്നായി ചേരുന്നു യുഗളീകൃത്യ യുഗളോന്ന് വെച്ചാൽ രണ്ടെണ്ണം യുഗളീകരണം എന്ന് വെച്ചാൽ രണ്ടല്ലാതിരുന്ന് രണ്ടായിട്ടിരുന്നിട്ട് ഒന്നാവുക അതാണ് യുഗളീകരണം രണ്ടെണ്ണം ഒന്നാകുന്നതാണ് യുവളം ഇപ്പൊ രണ്ടല്ലാതിരുന്നിട്ട് അല്ല ഒന്ന് ആര രണ്ടായിരുന്നിട്ട് ഒന്നായിത്തീരുക അതാണ് യുഗളീകരണം കാരണം രണ്ടാകുന്നതിന് രണ്ട് സത്യം അനൃത്ഥം എന്നുള്ളതാണെങ്കിൽ രണ്ടാണ് പക്ഷെ എന്താകുന്നു ഒന്നായി ചേരുന്നു യുവളീകൃത്യ വിദ്യർത്ഥ മുമ്പ് രണ്ടായിരുന്നുകൊണ്ടാണ് യുവളീകരണമെന്ന് പറയുന്നത് മുമ്പ് ഒന്നാണെങ്കി യുവളീകരണമെന്ന് പറയാൻ പറ്റി മുമ്പ് രണ്ടായിരുന്നു പക്ഷെ ഒന്നായി ചേരുന്നു ൃദ്ധി പരമാർത്ഥസോ പാരമാർക്കം ഇതിനുതദ്ഭാവ ചേഹേ പ്രയോഗ ചി പ്രത്യം പ്രയോഗിച്ചിരിക്കും യുഗപത്തന്നുണ്ട് യുഗപത്തം ഇവിടെ യുഗപത്ത യുഗപത് എന്ന് വെച്ച ഒരേ സമയം അങ്ങനെ ഒരു വാക്കുകൂടെ ഇല്ല ഇവിടെ യുഗളീകരണം എന്നാ പറയുന്നത് യുഗോപത്ത് വേറെ യുഗലീകരണം രണ്ടെണ്ണം ഒന്നായി ചേരുന്നു അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്താണ് രണ്ടെണ്ണം ഒന്നായി ചേരുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ സത്യവും അനർത്ഥവും നേരത്തെ പറഞ്ഞു പൂർവക്ഷം അനന്ത പറഞ്ഞാൽ ഇല്ലാത്തതാണ് അപ്പോ രണ്ടെണ്ണം ഇല്ലല്ലോ ഒന്നല്ലേ ഉള്ളൂ ബ്രഹ്മം മാത്രമല്ലേ ഉള്ളു അപ്പൊ പിന്നെ എങ്ങനെ ഈ ഉഗളീകരണം സംഭവിക്കും രണ്ടെണ്ണം ഒന്നാകുന്നെങ്ങനെ രണ്ടില്ലാത്തപ്പോ അതാണ് ചോദിച്ചത് അപ്പം പറയുന്നു രണ്ടെണ്ണം ഇല്ല എന്ന് പറയുന്നേ ശരിയാണ് ഒന്നേ ഉള്ളൂ പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ അപ്പോ രണ്ടെണ്ണം ഒന്നാകാന്ന് പറഞ്ഞ എന്താർത്ഥം അത് പരമാർത്ഥത്തിൽ ഒന്നാകുന്നു എന്നല്ല രണ്ടു പരമാർത്ഥമുണ്ടെങ്കിലേ രണ്ടിനും കൂടെ ഒന്നാകാൻ പറ്റും രണ്ടു പരമാർത്ഥം ഇല്ല അപ്പൊ പരമാർത്ഥത്തിൽ ഒന്നാകുന്നു അതിന് അർത്ഥമില്ല ഒന്നു മാത്രമുള്ളത് ഒന്ന് പിന്നെ ഈ ഒന്നാകുക എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് ഭ്രാന്തിയാണ് ഭ്രാന്തമായി സംഭവിക്കുന്നതിന് രണ്ടെണ്ണം വേണമെന്നില്ല ഒന്ന് സത്യവും ഒന്ന് മിഥ്യയും ആതിരുന്ന മതി ഭ്രാന്തമായ വിപുണീകരണം സംഭവിക്കുന്നു രണ്ടായി നിൽക്കാത്ത രണ്ടെണ്ണം ഒന്നായി ചേരുകയാണ് ഒന്നേ ഉള്ളൂ പിന്നെ രണ്ടാമത്തതോ അത് ഭ്രാന്തിയാണ് ഇപ്പൊ രണ്ടും ഒരുപോലെ സത്യമായിരിക്കുന്നില്ല രണ്ടും ഒരുപോലെ സത്യമാകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒന്നേ സത്യമുള്ളൂ എന്നുള്ളടത്തും വിപുലീകരണം സംഭവിക്കുക എന്തുകൊണ്ട് മറ്റൊന്ന് മിഥ്യയാണ് അപ്പോ സത്യവും മിഥ്യയും ഇവിടെ ചേരുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭ്രാന്തിയാണ് പരമാർത്ഥം നല്ല രണ്ട് വസ്തുക്കൾ പാലും വെള്ളവും കൂട്ടിച്ചേർക്കും പോലെ കൂട്ടിച്ചേർക്കുകയല്ല കാരണം എന്തുകൊണ്ട് പാലും സത്യമാണ് വെള്ളവും സത്യമാണ് അങ്ങനെ കൂടി ചേരുകയല്ല രജ്ജുവും സർപ്പവും തമ്മിൽ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും കൂട്ടിച്ചേരും പോലെയല്ല രജ്ജുവേ സർപ്പ് സത്യമായിട്ടുള്ള സർപ്പം മിഥിയാണ് സത്യവും മിഥ്യയും കൂടി ചേരുകയാണ് അതാണവർ പറഞ്ഞത് സത്യ അനൃതയും വിദിനീകൃതിയാണ് പാർഷിക്കാരൻ സത്യവും അനർദവും കൂടി ചേരുകയാണ് രണ്ട് സത്യങ്ങൾ കൂടി ചേരുകയല്ല പാരമ്പള്ള പോലെ അല്ല ഇത് ഒന്നാവുകയല്ല അപ്പോ പ്രപഞ്ചമല്ലാതാണ് അനർദം സത്യവും അനുദവും തമ്മിൽ കൂടിച്ചേരുക പക്ഷെ അങ്ങനെ ഒരു കൂടിച്ചേർന്ന എന്തുകൊണ്ട് സംസ്കാരം കൊണ്ട് എന്തുകൊണ്ട് സംസ്കാരം പൂർവ്വ ജാഗ്രത്തിലും സത്യവും അനർദവും കൂടിച്ചേർന്നിരുന്നു ഇത് അനാദിയാണ് ഈ പ്രക്രിയ ഇനി പൂർവ്വ സൃഷ്ടിയെടുത്താലോ പൂർവ്വ സൃഷ്ടിയിലും സത്യവും അനർദവും ബ്രഹ്മവും പ്രപഞ്ചവും തമ്മിൽ ചേർന്ന് ഒന്നായിരുന്നു അനാദിയാണ് അത് കഴിഞ്ഞ് പ്രളയം വന്നു പ്രളയം വന്നപ്പോൾ സംസ്കാരം ഉണ്ടായിരുന്നു വീണ്ടും അടുത്ത് സൃഷ്ടി വന്നു സൃഷ്ടി വരുമ്പോൾ എന്ത് വരുന്നു വീണ്ടും പഴയതുപോലെ എന്ത് ചെയ്യുന്നു സത്യവും അത്ഭുതവും പ്രപഞ്ചവും തമ്മിൽ ഗുളീകരണം സംഭവിക്കുന്നു ഒക്കെ രണ്ടും വരുന്നില്ല പിന്നെ എന്ത് ചെയ്യുന്നു ഒരാൾക്ക് ഭ്രമമുണ്ടാവും അപ്പോഴും ബ്രഹ്മത്തിന് ജീവഭാവം ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ ബ്രഹ്മത്തിൽ ജീവഭാവം വരും എന്നിട്ട് ജീവഭ്രമം ആ ജീവബ്രഹ്മാണ് ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം അങ്ങനെയാണ് വിശദീകരിക്കുന്നത് അപ്പോ ഇതിന് എല്ലാ പ്രശ്നങ്ങൾക്കും സമാനം പറയുന്ന എങ്ങനെ ഇത് അനാദിയാണ് മിഥുനീകരണം ഇതരേതരവിവേകം ഇതാണ് ഈ അധ്യാസ ഭാഷ്യത്തിൽ പഠിക്കാനുള്ള കാര്യം ഇങ്ങനെ സംഭവിക്കുന്നു ആണോ എന്താണ് മനുഷ്യന്റെ ജീവിതം എന്നാണ് പറയുന്നത് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത് സത്യം ചിതാത്മാ അല്ലതം ബുദ്ധി ഇന്ദ്രിയ ദേഹാദി തേദേ സമൃദ്ധിയും എന്ന് വെച്ചാൽ പരമാർത്ഥസത്തായ ബ്രഹ്മവും തമ്മിൽ പാരം മിഥനമസ്തികമായിട്ടുള്ള വാസ്തവത്തിലുള്ള കൂടിച്ചേരൻ സംഭവിക്കില്ല പാലും പോലെ പാരം മിഥനമസ്തി അഭൂത തദ്ഭാവസ്ഥയോഗം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചീപ്രത്യം ക്രിഭസ്ഥ്യോഗയ സമ്പദ് കർത്തരിച്ചി എന്നിടുന്ന ചീപ്രത്യം അവിടെ പ്രയോഗിച്ചത് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അങ്ങനെ പരമാർത്ഥികമായി രണ്ടും കൂടെ കൂടി കല്ലെടുന്നില്ല ഒന്ന് പരമാർത്ഥം മറ്റൊരു മിഥ്യയാണ് അപ്പൊ ആ കൂടി കല്ലെ പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ് അതാണ് എന്നുവെച്ചാൽ സമൃദ്ധി പരമാർത്ഥ സത്വ മിഥ്യയും സത്യവും തമ്മിൽ പാരം വിധിനുമസ്തി പാരമാർത്ഥികമായ ഒരു കൂടിച്ചേരൽ ഇല്ല ഇനി അഭൂതദ്ഭാവ അതാണ് ഉച്ചിപ്രത്യം പ്രയോഗിച്ചത് പരമാർത്ഥം അല്ലാത്തവര് അത് ഉച്ചിപ്രത്യം പ്രയോഗിക്കുന്നത് ആകൃഷ്ണ കൃഷ്ണസമ്പത്തി കൃഷ്ണീകരവതി കൃഷ്ണൻ അല്ലാത്ത ഒരാള് കൃഷ്ണന്റെ വേഷം കെട്ടി ഡാൻസ് ചെയ്യുമ്പോഴാണ് പറയുന്നത് കൃഷ്ണീകരവതി പരമാർത്ഥമല്ല അയാള് കൃഷ്ണനല്ല കൃഷ്ണന്റെ വേഷം കെട്ടി ഡാൻസ് ചെയ്യുകയാണ് അഭൂത തദ്ഭാവം എന്ന് പറയുന്നതാണ് അപ്പം നല്ലാത്തത് അതായീത അതുപോലെ ഇത് സംഭവിക്കുന്നത് സത്യമല്ല മിഥ്യാണ് എന്ന് കാണിക്കാനാണ് മിഥിനീകൃത്യന്നുള്ളത് അപ്പൊ അധ്യാസം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൽ ഇവിടെ സ്ഥലം പറഞ്ഞു മിഥിനീ മിഥുനീകരണം ആദ്യം സംഭവിക്കുന്നു പിന്നെ അവയേകം സംഭവിക്കുന്നു പിന്നെ അധ്യാസം സംഭവിക്കുന്നു പിന്നെ ഇതെല്ലാം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അനാദിയായി സംഭവിക്കുന്നതിന് എന്ത് വേണം അവര് സത്യമായ ബ്രഹ്മവും വേണം മിഥ്യയായ പ്രപഞ്ചവും വേണം അപ്പോ ആത്മ അനാത്മ താതാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നേ ഉള്ളൂ ആത്മാവ് അനാത്മാവെന്ന് പറയുന്നത് മിഥ്യയാണ് അപ്പോൾ ആ താതാത്മ്യം എന്ന് പറയുന്നത് മിഥ്യയാണ് അതുകൊണ്ടാണ് ഭ്രാന്തി എന്നതിനെ പറയുന്നത്